വിശ്വാസികളെ നിങ്ങൾ ഇഹ്റാമിലായിരിക്കുമ്പോൾ വേട്ടയാടരുത് നിങ്ങളിൽ ആരെങ്കിലും മനഃപൂർവ്വം അതിനെ കൊന്നാൽ അവൻ കൊന്നതിന് തുല്യമായ കന്നുകാലികളെ നിങ്ങളിൽ നീതിമാന്മാരായ രണ്ടു പേർ തീരുമാനിക്കുന്നതനുസരിച്ച് കിഴവയിലെത്തിക്കുന്ന ഹതിയായി നൽകണം അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന പ്രായശ്ചിത്തം ചെയ്യണം അല്ലെങ്കിൽ അതിനു തുല്യമായ നോമ്പനുഷ്ഠിക്കണം അവൻ ചെയ്ത കാര്യത്തിന്റെ ഗതി അവൻ അറിയുന്നതിനായി കഴിഞ്ഞുപോയ കാര്യങ്ങൾ അള്ളാഹുസുബാനുഭൂവറ്റാല മാപ്പിച്ചു തന്നിരിക്കുന്നു എന്നാൽ ആരെങ്കിലും വീണ്ടും അതിൽ ഏർപ്പെട്ടാൽ അള്ളാഹുസുബഹാനഹുവറ്റ ആല അവനോട് പ്രതികാരം ചെയ്യും അള്ളാഹു സുബഹാനഹുവറ്റ ആല പ്രതാപശാലിയും പ്രതികാരം ചെയ്യുന്നവനുമാണ്